അധ്യായം ആറ് യഹോവ മോശയോട് ഞാൻ പറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവനവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്തുനിന്ന് ഓടിച്ചുകളയും എന്നരുളി ചെയ്തു ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല പരദേശികളായി പാർത്ത കനാൻ ദേശം ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു മിസ്രമ്മർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രയേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് ഞാൻ യഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിസ്രയിമ്മരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം മഹാ ശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിശ്രീമരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഹോവ ഞാനാകുന്നുവെന്ന് നിങ്ങളറിയും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും ാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ യഹോവയാകുന്നു മോശ ഇങ്ങനെ തന്നെ ഇസ്രയേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് നീ ചെന്ന് മിസ്രീം രാജാവായ ഫറവോനോട് ഇസ്രയേൽ മക്കളെ തന്റെ ദേശത്തുനിന്ന് വിട്ടയപ്പാൻ പറക എന്ന് കൽപ്പിച്ചു അതിന് മോശ ഇസ്രയേൽ മക്കൾ എന്റെ വാക്ക് കേട്ടില്ല പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും ഞാൻ വാഗ്വൈഭവമുള്ളവനല്ലോ എന്ന് യഹോവയുടെ സന്നദ്ധിയിൽ പറഞ്ഞു അനന്തരം യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്ത് ഇസ്രയേൽ മക്കളെ മിസ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രയേൽ മക്കളുടെ അടുക്കിലേക്കും മിസ്രയും രാജാവായ പറവോന്റെ അടുക്കിലേക്കും നിയോഗിച്ചയച്ചു അവരുടെ കുടുംബ തലവന്മാർ ആരെന്നാൽ ഇസ്രയേലിന്റെ ആദ്യജാതനായ പുത്രന്മാർ ഹനോക് ഫല്ലു ഹെറോൻ കർമി ഇവ രൂപന്റെ കുലങ്ങൾ ഷിമയോന്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹത്ത് യാക്കീൻ സോഹർ ഖനാന്യസ്ത്രീയുടെ മകനായ ഷൌൽ ഇവ ഷിമയോന്റെ കുലങ്ങൾ വംശ പാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ ഗർഷോൻ മെരാരി ലേവിയുടെ ആയുഷ്കാലം സംവത്സരം ആയിരുന്നു ഗർഷോന്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ഷിമയിയും ആയിരുന്നു കഹാത്തിന്റെ പുത്രമാർ അമ്ര ഇസ്ഹാർ ഹെബ്രോൻ ഉസിയേൽ കഹാത്തിന്റെ ആയുഷ്കാലം സമ്മത്സരം മെരാരിയുടെ പുത്രന്മാർ മഹിളി മൂശി ഇവർ വംശ ലേവിയുടെ കുലങ്ങളാകുന്നു അംറാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോഖെബേദിനെ വിവാഹം കഴിച്ചു അവൾ അവന് അഹരോനെയും മോശയേയും പ്രസവിച്ചു അംറാമിന്റെ ആയുഷ്കാലം സമ്മത്സരം ആയിരുന്നു ഇസ്ഹാരിന്റെ പുത്രന്മാർ കോരഹ് നേഫക് സിക്രി ഉസിയേലിന്റെ പുത്രന്മാർ മിഷയേൽ എൽസാഫാൻ സിത്രി അഹരോൻ അമിനാദാബിന്റെ മകളും നഹോന്റെ സഹോദരിയുമായ എലിഷേബെ ഭാര്യയായി പരിഗ്രഹിച്ചു അവളവന് നാദാബ് അബിഹു എലയാസാർ ഇഥാമാർ എന്നിവരെ പ്രസവിച്ചു കോരഹിന്റെ പുത്രന്മാർ അസൂർ എൽക്കാന അബിയാസാഫ് ഇവ കോരഹ്യ കുലങ്ങൾ അഹ്റോന്റെ മകനായ എലയാസാർ ഫൂത്തിയേലിന്റെ പുത്രിമാരിൽ ഒരുത്തിയ വിവാഹം കഴിച്ചു അവളവന് ഫിനാസിനെ പ്രസവിച്ചു ഇവർ കുലംകുലമായി ലേവിയ കുടുംബത്തലവന്മാർ ആകുന്നു നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിസ്രീം ദേശത്ത് നിന്ന് പുറപ്പെടുവിപ്പീൻ എന്ന് യഹോവ കൽപ്പിച്ച അഹരൂനും മോശയും ഇവർ തന്നെ ഇസ്രേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാൻ മിസ്രൈം രാജാവായ പറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹരൂനും തന്നെ യഹോവ മിസ്രൈം ദേശത്ത് വെച്ച് മോശയോട് അരുളി ചെയ്ത നാളിൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിശ്രയും രാജാവായ പറവോനോട് പറയണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു അതിനു മോശ ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ പറവോൻ എന്റെ വാക്ക് എങ്ങനെ കേൾക്കുമെന്ന് യഹോവയുടെ സന്നദ്ധിയിൽ പറഞ്ഞു